ഭാഷത്തിൽ ഒരു ചോദ്യം വന്നാൽ വിശദീകരിക്കാദി പ്രമാണങ്ങളും ശാസ്ത്രവും എങ്ങനെയാണ് അവിദ്യ ഉള്ളവനെ ആശ്രയിക്കുന്നത് സമാനം പറയുന്ന വിചേ പറയാം ഹിതൃത്വ അനുപത്വവും പ്രമാണപ്രവൃത്തി അനുപത്തെ അഹം മമം എന്ന് പറയുന്ന അഭിമാനമില്ലാത്തവനും പ്രമാതൃത്വം ഉണ്ടാകത്തില്ല അവൻ പ്രമാകർത്താ ഭാവത്തിൽ അറിയുന്നവൻ എന്ന ഭാവിലുണ്ടാവത്തില്ല നിർഗുണബ്രഹ്മമായിരിക്കും പ്രമാണപ്രവൃത്തി അനുപത്തെഹേ മാതൃത്വം ഇല്ലെങ്കിൽ പിന്നെ പ്രമാണങ്ങളൊന്നും പ്രവർത്തിക്കനുഭവതായ പ്രത്യക്ഷാദി വ്യവഹാരദികളെ ഇന്ദ്രിയാദികൾ പ്രവർത്തിക്കാതെ പ്രത്യക്ഷാനുമാശബ്ദ അത് പ്രവർത്തിക്കുക പ്രത്യക്ഷാതി വ്യവഹാരും നടക്കുകാൽ പ്രമാതാവിനെന്ത് വേണം എന്തിനു എന്തിനോടുള്ള അധ്യാസുണബ്രഹ്മത്തിന് അന്ധക്കരണം ഇന്ദ്രിയങ്ങളുമായിട്ട് സ്ഥൂല ശരീരമായിട്ടൊക്കെ താധാന്യങ്ങളാണ് പോകുന്ന നിർഗുണബ്രഹ്മം ഒരു ഭാഗത്തു ഒരു ഭാഗത്ത് അന്ധക്കരണ ഇന്ദ്രിയം സ്ഥൂല നിർഗുണബ്രഹ്മത്തിന് ഈ അന്ധകരണ ഇന്ദ്രിയ സ്ഥൂല ശരീരങ്ങളുമായിട്ട് മാതൃത്വം വരുന്നു കർതൃത്വം വരുന്നു പ്രമാതൃത്വം വരുമ്പോൾ പ്രമാണങ്ങൾ പ്രവർത്തിക്കുന്നു എന്തെങ്കിലും അങ്ങനെ പ്രമേയം പാദ്യം വന്ന അധ്യാസം അത് തന്നെയാണ് തന്നെയാണ് പ്രമാണങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത്രയാണിത് മനസ്സിലാക്കേണ്ട പോയി മാത്രത്തി പല ഭാഗത്തും ഭാഷകാരന രു പ്രത്യക്ഷാദി വ്യവഹാരം എന്ന് പറഞ്ഞാൽ വ്യവഹാരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവൃത്തി നിറക്കരുത് വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് പൊതുവെ അഭിജ്ഞ അഭിവദനം ഉപാദാനം അർത്ഥത്തിൽ അതിൽ ഇവിടെ വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണങ്ങൾ പ്രമാണം വ്യവഹാരമെന്ന് പറഞ്ഞാൽ പ്രമാണം പിന്നെ ഇന്ദ്രിയാണി എന്ന് പറയുന്നത് ശരിയാണ് അവിടെയും ഭാഷകാലത്തിൽ പ്രത്യക്ഷാദീനം പ്രമാണാനം പ്രമാണം പ്രത്യക്ഷാദി പ്രമാണ ഫലം പ്രമേയം ഇനി ഭാഷ്യകാല ഇന്ദ്രിയാണി എന്ന് പറഞ്ഞു അതും കറക്റ്റ് ഇന്ദ്രിയാണി എന്ന് പറഞ്ഞാൽ പുറമെ ഇന്ദ്രിയ ലിംഗാദീനീതി ദ്രഷ്ടം ഇന്ദ്രിയങ്ങളെന്നുള്ള അർത്ഥവും ജ്ഞാനേന്ദ്രിയും പക്ഷെ അങ്ങനെ പറഞ്ഞത് ശരിയല്ല പിന്നെ എന്തെഴുതാനുള്ള ഇന്ദ്രിയ ലിംഗാദീം ലിംഗം എന്ന് അനുമാനം ഉപമാണ് ശബ്ദം എല്ലാ പ്രമാണങ്ങളെയും ഇന്ദ്രിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥമില്ല അർത്ഥം ഇവിടെ ഭാഷകാലം നടക്കില്ല ശരി മുറിയിലേക്ക് പോയി നല്ല I'm going to... രോഗം ആയിരുന്ന അവസ്ഥയില്ല എനിക്ക് ബുദ്ധി ചെയ്യോഗിക്കും സന്തോഷമായിട്ടായിരുന്നു കടന്ന് ൊതുവേ അങ്ങനെ മാനസികമായ എല്ലാ വേറെ ദുഃഖം ഒന്നും കൂടെ കിടന്നു ുപാതായ ഫലം പ്രത്യക്ഷാദീ പ്രശ്ന ഇന്ദ്രിയണീതി ദൃഷ്ടവ്യം ആ സാന കിടക്കുന്ന അവിടെ ഇവിടെ കൊണ്ടുപോയി ഇന്ദ്രിയണീതി ഇന്ദ്രിയ ലിംഗാധീനീതി ദ്രഷ്ടവ്യം ഭാഷ്യകാലം പറഞ്ഞ ഇന്ദ്രിയാണി ബാബുലികൾ അങ്ങനെ ഇന്ദ്രിയാണി എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ പിന്നെ പറയുന്നത് ഇന്ദ്രിയാണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ലിംഗാദീനി ലിംഗം എന്നുള്ളതുകൊണ്ട് അനുമാനത്തെ എടുക്കണം ഇന്ദ്രിയെന്നുള്ള പ്രത്യക്ഷത്തെ എടുക്കണം അപ്പൊ പ്രത്യക്ഷം അനുമാനം ഉപമാന ശബ്ദം അർത്ഥാപത്യ എന്നടക്കണം അപ്പൊ എന്തുവേത്തിന്റെ അർത്ഥം എന്താവും ഇന്ദ്രിയാണി അനുഭവ വെച്ച പ്രമാണങ്ങൾ പ്രവർത്തിക്കാതെ പ്രത്യക്ഷാദി വ്യവഹാര പ്രത്യക്ഷാദി പ്രമേ ഉണ്ടാകത്തില്ല പ്രത്യക്ഷം തുടങ്ങിയ പ്രമേയം പ്രത്യക്ഷം തുടങ്ങിയ പ്രമാണങ്ങൾ പ്രവർത്തിക്കണം എന്നർത്ഥണ്ട് ോ ഗീരി പക്ഷെ ഭാഷകാരൻ ഇന്ദ്രിയാണിന്നല്ലേ പറഞ്ഞുള്ളൂ ഇന്ദ്രിയാദി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇന്ദ്രിയാണി എന്ന് പറയുന്നതിൽ നിന്ന് ഇന്ദ്രിയ ആദി എന്നങ്ങനെ അർത്ഥം കൊടുക്കുന്നു ദണ്ടിനോ ഗന്തി എന്ന് പറയുമ്പോഴേ പറഞ്ഞിരിക്കുന്നു ദണ്ഡിനോ ഗന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ടുകടം പോരും പോകുന്നു അർത്ഥം കൊടുക്കണം അന്റെ അർത്ഥം ഒരു ഘോഷയാത്ര പോവുകയാണ് അതിനകത്ത് കുറെ പേര് ദണ്ട് പിടിച്ചു പോകുന്ന ബ്രഹ്മചാരി അപ്പൊ അത് നോക്കിട്ടൊരാള് പറയുന്നത് ദണ്ടിനോ ഗെച്ചി എന്ന് പറഞ്ഞാ ആ ഘോഷയാത്രയിൽ ദണ്ട് പിടിച്ചവര് മാത്രമേ ഉള്ളൂ ദണ്ടില്ലാത്തവരും യാത്ര ചെയ്യുന്നു ഒപ്പം അജഹരക്ഷണന്ന് പറയും ദികളെയും എടുക്കുന്നു അതിനെ പെടുന്നില്ല എന്നാ ദണ്ടില്ലാത്തവരെയും എടുക്കുന്നു അതിന് ഇതിനെ പറയും അങ്ങനെയും പറയാം എന്നുവെച്ചാൽ ദണ്ഡിയെടുക്കുന്നു ദണ്ടില്ലാത്തവരെയും എടുക്കുന്നു അതുപോലെ ഇവിടെ ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളെ എടുക്കണം ഹനുമാനാദി ഹനുമാനാദി പ്രമാണങ്ങളെ എടുക്കണം ദിനോ ഗീതിയോ പ്രത്യക്ഷാദീഞ്ഞുപദ്ധ്യത അങ്ങനെ പ്രത്യക്ഷാദി എന്ന് പറയുന്നത് യോജി ഇവിടെ അജൽ ലക്ഷണം സ്വീകരിച്ചു എന്തിയാണി എന്ന് പറയുന്നത് അർത്ഥം പറയാം പ്രത്യക്ഷാദി പ്രമാണങ്ങൾ അർത്ഥം പറയാം വ്യവഹാരക്രിയേപാതായ വ്യാകരണ പ്രശ്നമുണ്ട് അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവ ിയങ്ങൾ പ്രവർത്തിക്കാതെ പ്രമാണങ്ങൾ പ്രവർത്തിക്കാതെ പ്രത്യക്ഷാദി വ്യവഹാര പ്രത്യക്ഷാതി പ്രമ അപ്പോ ഇവിടെ ഒന്ന് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം മറ്റൊന്ന് പ്രത്യക്ഷാതി പ്രമ ഇതിന് രണ്ടിനും ഒരു കർത്താവ് വേണം ഇത ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനൊരു കർത്താവ് വേണം പ്രത്യക്ഷാദി പ്രമയ്ക്കും ഒരു കർത്താവ് വേണം ഇന്ദ്രിയെന്ന് വെച്ചാൽ പ്രമാണങ്ങൾ പ്രമാണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനൊരു കർത്താവ് വേണം പിന്നെ പ്രത്യക്ഷം തുടങ്ങിയ ഒരു കർത്താവ് രണ്ടിനും കൂടെ ഒരു കർത്താവ് വന്നു കഴിഞ്ഞാല് ഇവിടെ ായ ബന്ധം പ്രയോഗിക്കാൻ പറ്റും ത്വാക്കില്ല അപ്പാദേശം ഒന്നാണ് സമാന കർത്തകവും സമാന കർത്താവളുടെ രണ്ട് ക്രിയകൾക്ക് ഒരു സമാന കർത്താക്കൾ എന്ന് വെച്ചാൽ ഒരു കർത്താവിന് രണ്ട് ക്രിയകളുടെ അടുത്താണ് ത്വാ ഉപയോഗിക്കുന്നത് ബുക് ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു ആര് അവിടെ രണ്ട് ക്രിയുണ്ടൊന്നും ഭോജനം കഴിക്കുക മറ്റൊന്ന് സഞ്ചരിക്കുക ഇപ്പൊ ബുക്വ എന്ന് പറയണമെങ്കിൽ അവിടെ സ്വപ്രത്യാന്തം പറഞ്ഞെങ്കിൽ മറ്റൊരു ക്രിയൂടെ വേണം രണ്ട് ക്രിയ വേണം അപ്പൊ രാമഹ ഭുക്തും രണ്ട് ക്രിയേക്കുമ്പോൾ ഒരു കർത്താവ് വരുന്നില്ല അങ്ങനെ വരുന്നിടത്ത് സ്വപ്രത്യാന്തം ഉപയോഗിക്കുക വ്യാകനുസരിച്ച് ആ ത്വാക്ക് ലപ്പുവന്ന ആയാണ് ഇവിടെ അനുപാതായു പറയുന്നത് ഇപ്പൊ ഇവിടെ കർത്താവ് ആരാണ് രണ്ട് ക്രിയുണ്ട് വ്യവഹാര രണ്ടും കർത്താവ് പ്രമാതാവാണ് ഇപ്പൊ രണ്ട് ക്രിയക്ക് ഒരു കർത്താവ് വന്നപ്പോ പൂർവ്വകാല ക്രിയല് അനുപാതായ ലപ്പു വന്ന് ആദേശം ത്വാകൃത്യം വന്ന് ലപ്പു കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇതെങ്ങനെ അന്വയിക്കണമെന്ന് നടത്തു പറയും സംഭവതി അപ്പൊ ആദ്യം ഈ രണ്ട് കരികളും അന്വയിക്കുന്നു അനുപാതായ വ്യവഹാര അതിനൊരു കർത്താവും കാണും പപ്രമാത ഇന്ദ്രിയണി ഇന്ദ്രിയ ലിംഗാദീതി പ്രത്യക്ഷാതി വ്യവഹാരെ പ്രത്യേകോട് ചേർക്കാൻ പാടില്ല സമാന കർത്തരുകൾ തൊമ്പിൽ വ്യവഹാര പ്രത്യക്ഷാതിരിച്ച്ഞാനമാണ് കർത്താവ് വ്യവഹാരി കർത്താവിനെ അപേക്ഷിക്കുന്നത് കൊണ്ട് സമാന കർത്തകത ഇവിടെ സമാന കർത്തൃതത്വം വരും എന്നുകൊണ്ട് പൂർവ്വത്തിൽ അനുഗാതായെന്നു അപ്പൊ എങ്ങനെ അന്വേഷിക്കണം എന്ന് അടുത്ത് പറയുന്നു സമാന കടത്തകൾക്കും രണ്ട് കർത്താവ് വരും എങ്ങനെ അന്വേഷിക്കണം അനുപാതായോ വ്യവഹാരോജന എന്ന അന്വേഷിക്കണം എങ്ങനെ അനുപാതായന്വേഷിക്കണം എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ കുറിച്ച് പറയണം പ്രമാതാവ് പ്രമാതാവാണ് ഈ രണ്ടും ചെയ്യുന്നത് പറയുന്നത് ഒരു കാര്യം കൂടെ ഉണ്ട് പ്രത്യക്ഷിയാണി അനുപാതായ പ്രത്യക്ഷാതി വ്യവഹാര സംഭവതി എന്ന് പറയുന്നത് സംഭവതി എന്ന് പറയുന്നതായിട്ട് അന്വേഷിക്കാൻ പാടില്ല അപ്പൊ സമാന കർത്തൃത്വ മരത്തിന്റെ സംഭവതി എന്താണ് സംഭവിക്കുന്നത് വ്യവഹാരം അപ്പൊ സംഭവതിയുടെ കർത്താവ് വ്യവഹാരമാണ് സംഭവതിയുടെ കർത്താവ് വ്യവഹാരം അപ്പത് അങ്ങനെ അന്വയിക്കാൻ പാടില്ല മറിച്ച് വ്യവഹാരത്തിന്റെ കർത്താവ് പ്രമാതാവ് അതിനെ പൂർവ്വത്തോടെ അന്വയിക്കണം അനുപാത ഇപ്പോഴേ സമാന കർത്തകൾ തുമ്പോ അതുകൊണ്ടാണ് ഇത്രയും വ്യാഖ്യാനിച്ചത് മറിച്ച് സംഭവതിയെ എന്താണ് വ്യവഹാരമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ സമാനകർത്തകത്തുള്ള കാരണം വ്യവഹാരം എന്ന് വരുമ്പം ആരാണ് വ്യവഹരിക്കുന്നത് എന്ന് ചോദ്യം വരും എന്റെ ഉത്തരം കിട്ടും പ്രമാതാവാണ് ആ പ്രമാതാവാണ് എന്താണ് അപ്രവൃത്യ എന്ന് പറയുന്നത് പ്രവർത്തിക്കാതിരിക്കുക അതും പ്രമാത അപ്പൊ അത് രണ്ടും കൂടെ യോജിക്കുന്നു അനുപാതായ യോ വ്യവഹാര സമാനകർത്തകൃത്വം വരും സനസംഭവതി എന്നുള്ളത് ഇത് യോജന കിമിതി പുന പ്രമാണാനി അത സ്വയമേവസ്മ എന്ന പ്രവർത്തത വിദ്യതാ പറയുന്നു ഇവിടെ പ്രമാതാവ് എന്തിനാണ് പ്രമാണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ് പ്രമാണങ്ങളെ ആശ്രയിച്ച് പ്രമാതാവ് എന്തിനു പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് പ്രമാതാവിന് സ്വയം പ്രവർത്തിക്കാൻ പ്രമാണങ്ങളുടെ ആവശ്യം തോന്നുന്നു പൂർവപക്ഷം മാതാവ് എന്തിനു പ്രമാണങ്ങളെ ആശ്രയിക്കണം പ്രമാണം കൂടാതെ പ്രമാതാവിന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കാം അങ്ങനെയും വരാം പണ്ട് സംഭവിക്കാം അപ്പോൾ ചോദിക്കുന്നത് പ്രമാതാവ് എന്തിനു പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു എന്നാണ് അത സ്വയമേ കസ്മാവർത്തതേ എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് സ്വയം പ്രവർത്തിച്ചുകൂടാ അല്ലെങ്കിൽ പ്രമാതാവിന് എന്തുകൊണ്ട് സ്വയം പ്രവർത്തിച്ചുകൂടാ പ്രമാതാവ് എന്തിനിയങ്ങളെ ആശ്രയിച്ചിട്ട് പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് പ്രമാതാവ് പ്രമാണാനുപാതത്തെ എന്തുകൊണ്ട് പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു അത് സ്വയമേവ കസ്മാവർത്തതേ പ്രമാതാവിനെന്തുകൊണ്ട് സ്വയം പ്രവർത്തിച്ചുകൂടാ പ്രമാണങ്ങൾക്ക് എന്തുകൊണ്ട് സ്വയം പ്രവർത്തിച്ചുകൂടാൻ പറയുന്നു ഭാഷയത്തിൽ അധിഷ്ഠാന അന്തരേണ ഇന്ദ്രിയണം വ്യവഹാര സംഭവതി പറയുന്നു അധിഷ്ഠാനത്തെ കൂടാതെ ഇന്ദ്രിയങ്ങളുടെ വ്യവഹാരം വ്യാപാരം പ്രവൃത്തി സംഭവിക്കും ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം അതിനൊരാശ്രയുണ്ട് ഇതാണ് അദ്വൈതി നിർഗുണ ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നത് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു പുറമേ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും അതിന്റെ പിന്നീട് പ്രവർത്തിപ്പിക്കാൻ ഒരാള് വേണം ആരാ പ്രവർത്തിപ്പിക്കുന്നത് പ്രമാതാവ് പ്രമാതാവ് ശരി പ്രമാതാവ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ കാണുന്നു എന്ന് ഈ പറയുന്നവനാണ് പ്രമാതാവ് അവനാണ് പ്രമാതാവ് പറയുന്നത് കണ്ണുകൊണ്ട് ഞാൻ പുസ്തകത്തെ കാണുമ്പോസ്ത കാണുന്ന പ്രവൃത്തി ചെയ്യുന്ന കണ്ണു പക്ഷെ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോ ഞാൻ കാണുന്നു എന്ന് പറയുന്ന ആ ആള് ആ ഞാൻ അതാണ് പ്രമാദ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കാണുന്നവനായ പ്രമാതാവിനെത്തിച്ച് ഇനി പ്രമാദങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് സ്വയം അങ്ങനെയാണ് അധ്യാസം കൊണ്ടാണ് പ്രമാതാവ്ന്ന് പറയുന്ന സാധനം തന്നെ അധ്യാസം കൊണ്ട് സിദ്ധമാകുന്ന അപ്പൊ അധ്യാസം കൊണ്ടാണ് പ്രമാതാവ് പ്രവർത്തിക്കുന്നത് അധ്യാസത്തിന് എന്തിന്റെ അധ്യാസം എന്തിന്റെ അധ്യാസം നിർഗുണ ബ്രഹ്മവും അന്ധക്കരണവും തമ്മിലുള്ള അന്ധകരണ ഇന്ദ്രിയാദികളും നമ്മളെ അധ്യാസം ഈ പ്രമാദാവിനെ രൂപപ്പെടണമെങ്കിൽ അതിന്റെ പിന്നിൽ നിർഗുണമായ ബ്രഹ്മവും ഒപ്പം തന്നെ അന്ധക്കരണാദികളും വേണം ഇന്നലെ പ്രമാദാവ് ഉണ്ടാവും അപ്പൊ നിർഗുണ കണ്ണ് എന്തുകൊണ്ട് കാണുന്നു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാ ചോദ്യം ഇവിടെ കൊണ്ടെത്തിക്കും ശരി ഇനി എന്തിനാ ഒരു നിർഗുണം ബ്രഹ്മസം വരുന്നത് നിർഗുണ ബ്രഹ്മത്തിന്റെ ആവശ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് നിർഗുണ ബ്രഹ്മത്തിന്റെ ആവശ്യം സാക്ഷിയായി നിൽക്കാം കാരണം നിർഗുണഭ്രഹ്മ ചൈതന്യമാണ് ജ്ഞാനമാണ് ആ ജ്ഞാനം ഇങ്ങോട്ട് അന്തക്കെണ്ണത്തിനും ഇന്ദ്രികളിലും ഒക്കെ പകർന്നു കെട്ടി അവിടെ ഒരു പ്രമാതാവ് ഉണ്ടായി പ്രമാതാവ് ഇതിനെക്കെ അറിഞ്ഞു അങ്ങനെയാണ് നമുക്ക് അറിവുണ്ടാവുന്നത് ഈ അറിവുണ്ടാവണമെങ്കിൽ ഈ അറിവിന് ഒരു ഉറവിടം ഉണ്ടായിരുന്നതാണ് നിർഗുണഭ്രഹ്മം അത് അപ്പൊ അതിനെ നിർഗുണമാക്കുന്ന എന്തിനാ നിർഗുണമാണ് എന്ന് മാത്രം പറയാം നിർഗുണം നിരാകാരം നിരവയവം നിഷ്ക്രിയം അങ്ങനെയൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുക എന്തുകൊണ്ട് അതിനങ്ങനെയൊക്കെ എടുക്കുന്നു അതിനങ്ങനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വികാരങ്ങളുണ്ടെന്ന് വെച്ചാൽ നശിക്കും അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നശിക്കും ണ്ടെന്ന് പറഞ്ഞാൽ അത് ശുദ്ധമുണ്ടായിരുന്നു ഇപ്പോ ഈ ദോഷങ്ങളൊക്കെ ഒഴിവാക്കാൻ നിത്യമായ ചൈതന്യം ചൈതന്യം എന്ന് പറഞ്ഞ പോലെ ആ നിത്യമായ ചൈതന്യത്തെ സിദ്ധിക്കുന്നതിന് വേണ്ടിട്ടാണ് അദ്ദേഹങ്ങൾ നിർഗുണം ബ്രഹ്മർഗുണ ബ്രഹ്മവും ഈ ബുദ്ധി ആദി വസ്തുക്കളുമായിട്ട് താതാന്യം വരുന്ന വരുന്നോണ്ടാണ് ഞാൻ പുസ്തകത്തെ അറിയുന്നു എനിക്ക് പറയാൻ കഴിയും എന്താണ് പുസ്തകത്തെ അറിയുന്നവനായ ഞാൻ തന്നെ ഉണ്ടാകത്തില്ല പുസ്തകത്തെ കുറിച്ചുള്ള അറിവും ഉണ്ടാകാ ഞാനെന്ന് പറയുന്ന പ്രമാതാവും ഉണ്ടാകത്തില്ല എന്നിന്റെ അറിവും ഉണ്ടാകത്തില്ല അപ്പൊ പിന്നിലെന്ത് വേണം നിർഗുണമായ അത് നിശ്ചയമായിരുന്നു ഒരിക്കലും നാശം വരാൻ പാടില്ല നിർമോക്ഷത്തെ കണ്ടുകൊണ്ടാണ് ബ്രഹ്മത്തെന്താകുന്നത് നിർഗുണവും നിത്യവും സിദ്ധവും മുക്തവും എല്ലാം പിന്നെ ഈ നിത്യമായതുകൊണ്ട് ജനന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേ അപ്പൊ ഈ ജനന മരണങ്ങൾ ഇത് ഒരിക്കലും സംഭവിക്കായിരിക്കണെങ്കിൽ എന്തുവേണമെന്ന് പ്രപഞ്ചം മിഥ്യമാണ് പ്രപഞ്ചം മിഥ്യ അപ്പൊ പിന്നെ ഇനി സംഭവിക്കില്ല പ്രപഞ്ചം മിഥ്യയായിരുന്നു ഇതൊക്കെയാണ് മന്ത്രി പറഞ്ഞു മനസിലായ പ്രമാതാവൊക്കെ അങ്ങ് പോവും പ്രമാതാവ് പറഞ്ഞ അധ്യാസം കൊണ്ടുവരുന്ന അധ്യാസം നശിക്കുമ്പോ എന്ത് വരും പ്രമാതാവും പോകും പ്രമാതാവ് ഈ കളികളൊക്കെ കളിച്ചോണ്ടിരിക്കും ഈ പ്രമാതാവ് പോവും പിന്നെ എന്തുമാത്രമേ ഉള്ളൂ നിത്യ മുക്തമായ ആത്മാവ് അങ്ങനെ അതാണ് പ്രമാതാവ് എന്ന് പറയുന്ന ഓരോ ജീവനിലും ഈ ഇതിനോട് താഥാമ്യപ്പെട്ടിരിക്കുന്ന എന്താണ് പ്രമാകർത്താവ് ആരാണോ ഞാൻ പുസ്തകത്തെ അറിയുന്നു അറിയുന്നത് അവനാണ് പ്രമാതാവ് ഹിരണ്യ ഗർഭൻ എന്ന് പറയുന്നത് വേറെ അത് പ്രഥമ ജീവൻ എന്ന് പറയും സൃഷ്ടിയുടെ ആരംഭത്തിൽ സംഭവിക്കുന്ന ഒരു ജീവൻ അതാണ് പുരാണങ്ങളിലും പുരാണങ്ങളിലും വേദത്തിലും പറയും വേദത്തിലായ കാര്യ ബ്രഹ്മം എന്ന് പറയും പുരാണെങ്കിലും അങ്ങനെ പറയും അതാണ് പിന്നെ സൃഷ്ടിസ്ഥിതി ഒക്കെ ചെയ്യുന്നതിന് കാരണമായി തരുന്നത് സൃഷ്ടിയിൽ ആദ്യം ഉണ്ടാകുന്ന ജീവനാണ് ഇരട്ടിതൃപ്പ് അത് തന്നെയാണ് അത് എന്താണ് മൊത്തത്തിൽ പ്രമാതാവ് എന്ന് പറയുമ്പോ പ്രമേയവുമായി ബന്ധപ്പെടുത്തി പറയും പിന്നെ ശരീരത്തിൽ പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രാണന്റെ പ്രവൃത്തി പ്രമേയം ചെയ്യാനുള്ള പ്രവൃത്തിയുണ്ട് െല്ലാം കൂടെ ചേർത്ത് പറയുമ്പോ അതിന് ജീവൻ എന്ന് പറയും ജീവൻ തന്നെ പ്രമാദാവും പക്ഷെ അത് അറിവുണ്ടാകുമ്പോ അതിനെന്ത് പറയും പ്രമാകും എല്ലാ പ്രവൃത്തികളും ജീവൻ ചെയ്യുമ്പോ എന്ത് പറയും ജീവനെന്ന് പറയും ആ ജീവൻ മറ്റ് പ്രമാണങ്ങളെടുക്കാൻ ആണ് ഇവിടെ ചോദിക്കുന്നത് പ്രമാദ ഉപാത്തെ പ്രമാണ അത് സ്വയമേ കസ്മാവർത്തി അധിഷ്ഠാനമന്ദ്രേ ഇന്ദ്രിയണം വ്യാപാരം സംഭവത്തെ കൂടാതെ എന്താണ് ഇന്ദ്രിയണം വ്യാപാര ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം എന്ന് വെച്ച പ്രമാണങ്ങളുടെ ഇവിടെ ഇന്ദ്രിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയം വന്ന് മാത്രം എടുക്കരുത് അജഹരക്ഷണയിലൂടെ എന്തെടുക്കണം പ്രമാണങ്ങൾ എന്തെടുക്കണം ഇന്ദ്രിയം വരും മറ്റു പ്രമാണ അതിന്റെ വ്യാപാരം എന്ന് വെച്ചാൽ പ്രവൃത്തി എന്താണ് ഒരാശ്രയം ഇല്ലാതടക്കത്തില്ല സംഭവം അതിനാണ് പറയുന്നത് ഭാഷന്ദ്രിയനുപാദായ പ്രത്യക്ഷാദി വാരസംഭവതി അത് കഴിഞ്ഞിട്ട് അധിഷ്ഠാനമന്ത്രേണ ഇന്ദ്രിയണം വ്യവഹാര സംഭവീ വ്യവഹാരത്തിന്റെ പ്രവർത്തി ഒരാശ്രയത്തെ കൂടാതെ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല അതാണ് അധിഷ്ഠാനമന്ദിര ഇന്ദ്രിയാം വ്യാപാരാണ് ഇത്രയടുത്ത് പാഠം ഇത്ര വ്യവഹാരത്തിലുണ്ട് പ്രമാണാനാം വ്യാപാരം ഇന്ദ്രിയെന്ന് വെച്ചാൽ പ്രമാണം അതിന്റെ വ്യാപാരം നടക്കുന്നു അത് തന്നെ പറയൂ എന്നാ കരണി അനധിഷ്ഠിത കർത്ത സ്വകാര്യത വ്യാപ്രിയന് കർ അനധിഷ്ഠിത സ്വകാര്യ വ്യാപ്രിയേന്നജാത് വ്യാപ്രിയേ കയാണ് കർഭത്തി അനധിഷ്ഠിത കർണങ്ങളെ ആശ്രയിക്കാതെ സ്വകാര്യ അതിന്റെ കാര്യത്തിൽ ജാതു ഒരുക്കത് ഇന്ന വ്യാപ്രിയന്ത് വ്യാപരിക്കുന്നില്ല പ്രവർത്തിക്കുന്നുണ്ടാ കർത്താവ് ആശ്രയിക്കാതെ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നർത്ഥം അപ്പോ അനധിഷ്ഠിതാനികരണാൻ എന്നുവെച്ചാൽ കരണങ്ങൾക്കൊരു അധിഷ്ഠാനം വേണം ഒരാശ്രയം വേണം അത് തന്നെ വിശദീകരിക്കുന്നു മാഭൂത് കുവിന്ദരഹിതേമാ ഭൂതെന്ന് വെച്ചാൽ എന്താണ് വ്യമ കുനെന്നുവെച്ചാൽ നെയ്ത്തുകാരൻ കുവിന്ദൻ ഇല്ലാത്ത വേമ വ്യേമാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ത്തുപകരണങ്ങൾ കൊണ്ട് ഒരിക്കലും പട ഉത്പത്തി വസ്ത്രം ഉണ്ടാകത്തില്ല നെയ്ത്തുപകരണങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നെയ്ത്തുകാരൻ ഇല്ലെങ്കിൽ വസ്ത്രം ഉണ്ടാകത്തില്ല ഭാഷ അതുപോലെ എന്താണ് പ്രമാതാവിന് പ്രവർത്തിക്കണമെങ്കിൽ കർണങ്ങൾ വേണം കർണങ്ങൾ പ്രമാതാവിനെ ആശ്രയിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രമാതാവില്ലെങ്കിൽ കർണങ്ങൾക്ക് മാത്രം പ്രവർത്തിക്കാൻ പറ്റില്ല പ്രമാതാവിനും പ്രവർത്തിക്കണമെങ്കിൽ കർണങ്ങൾ വേണം കർണങ്ങൾക്ക് പ്രമാതാവില്ലാതെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല അതുപോലെ കൊണ്ട് പറയുന്നത് ഒരു പടം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വസ്ത്രം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം കേവലം നെയ്ത്തുപകരങ്ങൾ പോരാ വേമാദികൾ തുരി വേമ അതൊക്കെ നെയ്ത്തുപകരണങ്ങളാണ് അതുണ്ടായാൽ പോരാ അതിന്റെ പിന്നിൽ കുവിഞ്ചനം വേണം എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരണം അതുപോലെ ഇവിടെ പ്രമാതാവിന് പ്രാധാന്യം പറയുക പ്രമാതാവ് പ്രമാണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ പറ്റും പ്രമാണങ്ങളുണ്ടെങ്കിലേ പ്രമാദനു പ്രവർത്തിക്കാൻ പറ്റും ഈ കാര്യമാണ് കൂടെ പറയുന്നത്